ം ഹ 옴 아스마데바 사예하제 사예하반 구루스 승려는 성려는 아타이 시송아 석가모습 വ്യാനംഭവതിർവ ഓങ്കദീം തലത്തി ഓക്കാര ൈശവാ സ്വപ്നസ്ഥാനോനവിശതി മുഖപ്രവൃത്തഭുക്തജസ് ദ്വിതീയ പദ ോ നമം കാമയത്തെ കം പശ്യ സുപ്രതീഭൂത പ്രോനഘന എനന്ദമയോനന്ദഭുക്തി മുഖപ്രാസ്തീയ പദ േശ്വരേഷം ബഹിം നോ ഭേദഭ്രജ്ഞം പ്രാനം ചിന്തിയേകാത്മ പ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അത്വൈതം ചതുർം മഞ്ഞ സ ആത്മാേയ മാത്രീരാധിമത്വ ആത്നോദിഹ വൈ സർവാൻ കാ ോ ദ്ധമാത്ര ഉത്കർഷാ ഉഭയത് ഉത്കർഷി വൈ ജനസമ്പ സമാനശ്ചോതി പേ സൃതമാത്രേതേം അപീതിഷ്ടവതിേദ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 േയാപ്പ ഉപഭദൃസ്മൃക ജേയ നിർദ്ദേശ അസ്തിത്വശങ്ക പരമാർത്ഥൂ മുമ്പ് പറഞ്ഞു ലൗകിക അതിത്രയം ലൗകികം ശുദ്ധ ലൗകികം ലോകോത്തരം മൂന്ന് കാര്യങ്ങളെ കുറിച്ച് മുമ്പ് ചർച്ച ചെയ്യുന്നു ലൗകികം ജാഗ്രത ശുദ്ധ സ്വപ്നം ലോകോത്തരം സുശക്തി കഴിഞ്ഞ കാര്യങ്ങൾ അതിനെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തു അങ്ങനെ വിശദമായ ഒരു കാര്യത്തെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ നാനാവശ്യങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു അസ്തിത്വബോധം മനസ്സിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ കൂടുതൽ വർണ്ണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് ഉള്ളതാണെന്ന് തോന്നുന്നു ശബ്ദത്തിന്റെ ഒരു സ്വഭാവമാണത് ഇതിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴും മനസ്സിൽ അങ്ങനെ ഒരു അസ്തിത്വം ആശങ്ക അതിന്റെ അസ്തിത്വം പരമാർത്ഥത്തിൽ അത് ഉള്ളതാണോ എന്ന് തോന്നിപ്പോവും അനുഭവത്തിൽ എല്ലാം ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു ജാഗ്രത അനുഭവിക്കുന്നത് ഇല്ലാത്തതായിട്ടല്ലായിട്ടാണ് സ്വപ്നത്തെക്കുറിച്ചുള്ള നമ്മളെ അനുഭവം മറിച്ചാറുണ്ട് സ്വപ്നത്തെക്കുറിച്ചും അസ്തിത്വബോധം തന്നെ സ്വപ്നം ഉണ്ടായിരുന്നു സ്വപ്നത്തെ ഞാൻ അനുഭവിച്ചു എന്ന് തന്നെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നം ഇല്ല എന്നും ആരും പറയാറില്ല സ്വപ്നം ഉണ്ടായിരുന്നു തന്നെ പറയുന്നു ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അത് ഉണ്ടായിരുന്നു അവിടെ അസ്തിത്വബോധമാണ് സുഹൃത്തിയെ സംബന്ധിച്ചങ്ങനെ അനുഭവത്തിൽ തന്നെ അങ്ങനെയിരിക്കുകയെ അങ്ങനെ തന്നെ വിശദീകരിക്കുന്നു വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും ആസ്തിത്വബോധം ദൃഢപ്പെടുകയായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഇത് എന്ന് പറഞ്ഞു ഞാൻ ജയിച്ച ത്രിവിധി ഈ ലൗകികം ശുദ്ധ ലൗകികം ലോകോത്തരം ഇത് അറിയേണ്ടതാണെന്നു കൂടി പറയുന്നു ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ പക്ഷെ വിശേഷമായിട്ട് അതിനറിയേണ്ടതാണെന്ന് കൂടി പറയുമ്പോൾ ഈ ശ്രോതാവിന്റെ മനസ്സിൽ ഇതിലൊരു നിബോധന നിലനിരുന്ന അസ്തിത്വബോധം ദൃഢപ്പെടാം പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അസ്തിത്വബോധം സഹജമാണ് അതിനെ ദൃഢപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ദൃഢപ്പെടുമല്ലോ എന്നുള്ള ആശങ്കയ്ക്ക് ഇവിടെ സമാധാനം പറയുകയാണ് ദൃഢപ്പെടുത്തേണ്ടോന്നല്ല അതിനുവേണ്ടിയല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു മനസ്സിൽ പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ച ലക്ഷ്യം തെറ്റാൻ പാടില്ല വന്നാൽ വിപരീത ഫലത്തെ ഉണ്ടാക്കും ഇത് സംസാര രോഗത്തിനുള്ള മരുന്നാണ് മരുന്ന് വിപരീത ഫലം ചെയ്താലോ ഈ രോഗം ശമിക്കത്തില്ല അതുകൊണ്ട് ഇതിന്റെ പരമാർത്ഥത്തിൽ ഇത് നിലനിൽക്കുന്നില്ല ആ ഒരു ബോധത്തിലും എത്തിച്ചേരണം അതിനുപകരിക്കുന്നതായിരിക്കണം ഈ ചർച്ച അതാണ് അടുത്ത് വിശദീകരിക്കുന്നത് ഹേയ ജേയ ആപ്യക്യാനി വിജ്ഞേയാനി അഗ്രയാണ ഉപേക്ഷകാലം പറയുന്നു ഹേ യാനിച്ച ലൗഹികാദീനിത്രീനി ഇത് ഉപേക്ഷിക്കേണ്ടതു ഇതിൽ ത്യാജ്യബുദ്ധിയാണ് വരേണ്ടത് ഇത് പരമാർത്ഥമല്ല എന്ന് ബോധ്യം വരണം ജാഗ്രസ്വപ്ന സുഷിതയുടെ ഇതെല്ലാ അനുഭവങ്ങളാണ് കഴിഞ്ഞു പോയ അനുഭവം ദന അനുഭവമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഇത് ഹേയം തന്നെയാണ് ലൗകികാദീനി ത്രീണി ജാഗ്രത സ്വപ്ന സുഷുതാനി അസത്വനം സർപ്പവത് ഹാതവ്യാനി നിത്യർത്ഥ അതിന് ഈ ചർച്ചയുടെ എല്ലാം താല്പര്യം എന്താണോ അത് തന്നിൽ ബോധിക്കണം ഇതുമോന്നും ഈ മൂന്ന് അനുഭവങ്ങളും ജാഗ്രത സ്വപ്ന സുഷിത്താനി ജാഗ്രത സ്വപ്ന സുഷിത അനുഭവങ്ങൾ ആത്മനെ തന്നെ അസത്യ അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല ദൃഷ്ടാന്തം പറഞ്ഞൊരു ജാം സർപ്പവത് പരമാർത്ഥമല്ലാതെ അതുകൊണ്ടെന്നാണ് ആ ബോധം കൊണ്ട് ഇതിനെ തിരിക്കേണ്ടതാണോ അതിനുള്ള ആ സത്യത്വബുദ്ധിയെ ഇല്ലാതാക്കണം അതാണ് അതിന്റെ എനിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ജാഗ്രതത്തിനെ കൊണ്ടെങ്കിലും ഒഴിച്ചുവിടാൻ പറ്റത്തില്ല സ്വപ്നത്തെ ഒഴിച്ചുവിടാൻ പറ്റത്തില്ല കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള കാര്യങ്ങളല്ലായിരുന്നു അതിങ്ങനെ വന്നുപോയി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പറയുന്നു സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഉറങ്ങണ്ട എന്ന് വിചാരിച്ചാൽ ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല ഉറങ്ങണം എന്നാഗ്രഹിച്ചാൽ ഉറങ്ങാൻ കഴിഞ്ഞൊന്നും വരത്തില്ല എന്നാൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു സഹജമായി സംഭവിക്കും അതിന്റെ ആ പ്രവർത്തനങ്ങൾ സഹജമായി സംഭവിക്കുകയോ നമുക്ക് ആഗ്രഹിക്കുകയോ നിരാകരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ സഹജമായി സംഭവിക്കുന്നുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹവുമായിട്ടൊക്കെ അത് ഒത്തുപോകുന്നത് നമ്മുടെ ആഗ്രഹത്തിനവിടെ വലിയ സ്വാധീനമൊന്നുമില്ല ഉറക്കം വരുന്നു എന്ന് പറയും നമ്മൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു ഉറങ്ങുന്നു അത് സഹജമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ സഹജമായി ഇരിക്കുന്നതിനെ വിചാരം കൊണ്ട് ദൃഢപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വിചാരം കൊണ്ട് എന്താ ചെയ്യുന്നത് ഇത് അസത്യമാണെന്നുള്ള ബോധം കൊണ്ട് അതിനെ തെറ്റിക്കുക അത്രയും അല്ലാതെ ഒഴിവാക്കാൻ സാധ്യമല്ല ഇവിടെ തന്നിൽ അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന ബോധം കൊണ്ട് തന്നിലത് മാറിമാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ താൻ മാത്രമേ പരമാർത്ഥമായിട്ടുള്ളൂ തന്നിൽ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവ ഒന്നും തന്നെ പരമാർത്ഥമല്ല ഈ ബോധം കൊണ്ടാണത് ഒഴിയുന്നത് ഒഴിയുന്നതും അങ്ങനെ ഉണരാതിരിക്കുന്നില്ല ഉറങ്ങാതിരിക്കുന്നില്ല അങ്ങനെയൊന്നുമല്ല ഒഴിയുന്നു അത് പരമാർത്ഥം എന്നുള്ള ബോധം സത്യമല്ല എന്നുള്ള ബോധം ആ ബോധത്തിലാണത് ഒഴിഞ്ഞു പോകുന്നു അവൻ സത്യമായ ജാഗ്രതത്തിലേക്ക് ഉണരുന്നില്ല അതാ വ്യത്യാസം ഇപ്പൊ കരുതുന്നത് പോലെ സത്യമായ സുഹൃത്തിയിലേക്ക് അവൻ പോയി ഉറങ്ങുന്നില്ല അവൻ പറയുന്നുണ്ടല്ലോ ഞാൻ വ്യക്തമായും അനുഭവിച്ചതാണ് വ്യക്തമായും അനുഭവിച്ചതെന്ന് പറയുമ്പോൾ അതിന്റെ ഉണ്മയെ അംഗീകരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സ്വപ്നത്തിന് കുറിച്ചവൻ സ്മരിക്കുന്നില്ല പരമാർത്ഥമല്ലാതെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യം വരുന്നു അതാണ് അതിന്റെ അങ്ങനെ തിരിക്കേണ്ടതാണ് അങ്ങനെ ഒരു ത്യാഗം വന്നെങ്കിൽ എന്ത് വേണം ആത്മനി സ്വസ്വരൂപം അത് പരമാർത്ഥമാണെന്ന് ബോധിക്കണം ആ തന്നിലുള്ള ആ പരമാർത്ഥത അതിന്റെ ഒരു പ്രതിധ്വനി മാത്രമാണ് ഇതിൽ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത് ജാഗ്രസ്വത്വ സുശക്തികളും തന്റെ പരമാർത്ഥേയും പ്രതിബിംബിക്കുകയാണ് എന്നുള്ള ബോധം കൊണ്ടാണ് ആത്മനെയും പരമാർത്ഥമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഇത് ബോധിക്കുന്നു പറയുന്നു ഇവിടെ ജാഗ്രസ്വപ്ന ശുതികളിൽ സത്യം അനുഭവപ്പെടുന്നുണ്ട് അത് തന്റെ സത്യത്തിന്റെ ഒരു പ്രതിബിംബം മാത്രം സ്വസ്വരൂപമായിരിക്കുന്ന സത്യത്തിന്റെ പ്രതിബിംബം ആ ബോധത്തിലാണതിനെ ത്യജിക്കുന്നത് അപ്പോ വെറുതെ ഇത് അസത്യമാണ് ഇത് നമ്മൾ നൂറ് തവണ ആവർത്തിച്ചാലും ഇത് അസത്യമാകത്തില്ല വെറുതെ പ്രസംഗിക്കാൻ കൊള്ളാം ഫലത്തിൽ ഇത് സത്യമായി തന്നെ അനുഭവപ്പെടണം നമ്മൾ അസത്യമാണെന്ന് പറയുകയും ഇതെല്ലാം സത്യമാണെന്ന് അനുഭവപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നോണ്ട് എന്താ വിശേഷതയുണ്ട പ്രത്യേകിച്ച് എന്ത് സംഭവിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല വെറുതെ ആവർത്തിക്കും ഇതുകൊണ്ടെന്താ പ്രയോജനമാണോ ലഭിക്കേണ്ടത് അത് കിട്ടത്തില്ല സംസാരമുക്തി എന്ന് പറയുന്നു ഈ സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജാഗ്രതാദികളിൽ സ്വാതന്ത്ര്യം ആത്മസ്വാതന്ത്ര്യം അത് കിട്ടത്തില്ല ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കാരണം ഇതിലെന്തായാലും സത്യം എന്നുള്ള ബോധം ദടപ്പെട്ടിരിക്കുകയാണ് ഈ ഇതങ്ങനെ ഒഴിഞ്ഞു പോകത്തില്ല ഇതൊഴിഞ്ഞു പോകണമെങ്കിൽ മറ്റൊരു സത്യത്തെ ബോധിച്ചാലേ പറ്റും ഒരു പിടി പിടിച്ചാലേ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പിടി വിടാൻ പറ്റും ഒരു കാലം ഉറപ്പിച്ചാലേ മറ്റൊരു കാലം ഇളക്കാൻ പറ്റും അപ്പോ ഒന്നു മാത്രം നമ്മൾ ആവർത്തിക്കുന്നു എന്താണ് ഈ പ്രപഞ്ച സത്യമാണ് പരമാർത്ഥമല്ല ജഗന്മിഥ്യ ഇതാണ് നമ്മൾ ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നത് ഇത് വെറും ഒരു ഏറ്റുമെട്ടലാണ് ഒരിക്കലും അത് യോജിക്കത്തില്ല ഒരിക്കലും അത് സാധ്യമാകുന്ന കാര്യമില്ല ഒരിക്കലും നമുക്കങ്ങനെ ജഗന് മിഥ്യാത്വം ബോധിക്കത്തില്ല അതാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ജഗന് മിഥ്യാത്വം കേട്ടിട്ടും ബോധിക്കാത്ത നമുക്ക് തോന്നുന്നതാണ് ജഗതും വിഖ്യാസം എന്നും പറയുന്നതിനൊരസംബന്ധമാണ് കാരണം ഇത് ആവർത്തിച്ച് കേട്ടിട്ടും അതൊരിക്കലും ബോധ്യപ്പെടുന്നില്ല ബോധ്യപ്പെടുന്നില്ല വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ ലോകവ്യാപാരങ്ങളിൽ ഇടപെടുമ്പോ ഈ ജഗത്ത് സത്യമാണെന്നുള്ള ബോധത്തിലേ ചെയ്യാൻ പറ്റുന്നു എന്താണ് അവിടെ തകരാറ് പറ്റിയിരിക്കുന്നത് ചതുഷ്കോടി വർജിതം പരമാർത്ഥത്തം അത് ബോധിക്കാതെയാണ് ഈ പരമാർത്ഥ തത്വത്തെ സുസ്വരൂപത്തെ ബോധിക്കാതെ ജഗത് മിഥ്യാത്വം അത് ബോധിക്കുന്നു അതാണ് ഇതിനോടൊപ്പം അത് സംഭവിക്കും പ്രകാശത്തിന് ഇരുട്ട് നശിക്കത്തുള്ളൂ പ്രകാശം കൂടെ അതെങ്ങനെ ഇരുട്ട് നശിക്കും ആ പ്രകാശം വരുമ്പോ ഇരുട്ടും അപ്രത്യക്ഷമാകുന്നു അതുപോലെ എന്താണ് ചതുഷ്കോടി വർജിതമായിരിക്കുന്നുണ്ട് അസ്ഥി നാസ്തി അസ്ഥി നാസ്തി എന്നല്ല പറഞ്ഞല്ല അങ്ങനെയൊന്നും നമുക്ക് വ്യവഹരിക്കാൻ പരമാർത്ഥത്തിൽ കഴിയാത്തതായ ആ പരമാർത്ഥ തത്വം അതിജ്ഞേയമാകുമ്പോ അത് ബോധ്യപ്പെടുമ്പോ പ്രപഞ്ചവും വസത്താകുന്നു അതുവരെ പ്രപഞ്ചം ജഗത് മിഥ്യ എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല അതതിന്റെ ഒരു ഭാഗം മാത്രമേ ആകൂ ചതുഷ്കോടി വർജിതമായ ആ പരമാർത്ഥ തത്വത്തിന്റെ ബോധ്യപ്പെടലിൽ ആണ് ഈ ജാഗ്രസ്വപ്നശുശക്തികളുടെ ത്യാഗം സംഭവിക്കുന്നത് അതാണ് പറഞ്ഞെന്താണ് ഇപ്പോ ജഗത്തിൽ ഉറച്ചുപോയിരിക്കുന്ന പരമാർത്ഥബോധം അത് സ്വസ്വരൂപത്തിൽ ഉറയ്ക്കണം അത് ജഗത്തിൽ നിന്ന് മാറണം ഈ ജഗത്തിൽ അനുഭവപ്പെടുന്ന പ്രതിബിംബ ബുദ്ധി സത്യത്തിന്റെ പ്രതിബിംബോധം അത് ബിംബത്തിലുറയ്ക്കും ബിംബസ്വരൂപമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ഉറയ്ക്കും അത് സംഭവിക്കാത്തത് കൊണ്ടാണ് ജഗം മിക്ക എന്ന ആവർത്തിക്കുന്നതുകൊണ്ട് പ്രപഞ്ചം നിശ്ചയാകാത്ത മറിച്ചത് സത്യമായി തന്നെ അനുഭവപ്പെടുന്നുണ്ട് പറഞ്ഞു ഇത് ഹേയമാണ് ത്യാജ്യമാണ് അവസ്ഥാത്രയം ത്യാജ്യമാണ് പക്ഷെ അത് ത്യാജ്യമാകണമെങ്കിൽ ഈ അവസ്ഥാത്രയത്തിന് ആധാരമായിരിക്കുന്ന ആ പരമാർത്ഥ തത്വം അത് ജേയമാണ് ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കണം എന്നാണ് ഒന്നും നേടിയിട്ട് മറ്റൊന്നിനെ പ്രതീക്ഷിക്കാനൊന്നും പറ്റത്തില്ല എല്ലാം ഒരുമിച്ച് സംഭവിച്ചുകൊണ്ട് തന്നെ കഴിയും പരമാർത്ഥം ബോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കും ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരമാർത്ഥം ബോധിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഇത് രണ്ടിനെയും ഒരുമിച്ചാണ് ശാസ്ത്രം ബോധിപ്പിക്കുന്നു അങ്ങനെ തന്നെ എന്താണ് ബ്രഹ്മസത്യം ജഗത്മിത്യം െ ബോധിപ്പിക്കും രണ്ടിനെയും ഒരുമിച്ച് തന്നെ ബോധിപ്പിക്കുന്നു ഒരാള് പറയും ഞാൻ രണ്ടിനെയും ഒരുമിച്ച് തന്നെ ബോധിക്കുന്നത് പക്ഷെ എന്നാലും എനിക്കിത് രണ്ടും ബോധിക്കുന്നില്ല ജഗത് മിഥ്യാത്വവും ബോധിക്കുന്നില്ല ബ്രഹ്മസത്യം അതും ബോധിക്കുന്നില്ല ശബ്ദാർത്ഥം ഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനപ്പുറം സംഭവിക്കുന്നില്ല മാറ്റമൊന്നും സംഭവിക്കുന്നില്ല സത്സംഗം ആവർത്തിക്കുന്നു പക്ഷെ സത്സംഗം അവസാനിക്കാറുമായി എന്നിട്ടും ഒരു മാറ്റം സംഭവിക്കുന്നില്ല തുടങ്ങിയെടുത്ത് തന്നെ ആയിരിക്കുന്നു അതെന്താ എന്തുകൊണ്ടാണ് മാറ്റം സംഭവിക്കുന്നില്ല അതിനു പറയുന്നു അപ്യാനി അത്തവ്യാനി തിക്ത ബാഹ്യേഷണ ത്രീണ ഭിക്ഷണ പാണ്ഡിത്യ ബാല്യ മൗനാഖ്യാനി സാധനാനി മുമ്പ് പറഞ്ഞല്ലോ നമ്മൾ ചർച്ച ചെയ്തെല്ലാത്തിനും സാധനാ സമ്പത്തിയാണ് മുഖ്യം സാധന സമ്പന്നനാകും എന്നാലിത് ഫലം ചെയ്യുള്ളൂ സാധന എന്ന് പറയുമ്പോൾ ഉടനെ ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കുറച്ച് തപസ് ചെയ്തിട്ട് വരാം ആദ്യം സാധനം ആർജിച്ചിട്ട് വരാം എന്നിട്ട് സത്സംഗം ശ്രമിക്കാം അല്ലെങ്കിൽ പറയും ചിലർ ഞാൻ കുറച്ച് ജപിച്ചിട്ട് വരാം ധ്യാനിച്ചിട്ട് വരാം യോഗം കുറച്ച് അഭ്യസിച്ചിട്ട് വരാം തന്ത്രമന്ത്രങ്ങൾ ഉപാസനകളെല്ലാം ചെയ്തിട്ട് വരാം അതെല്ലാം ചെയ്തിട്ട് വന്നാൽ ഇനി പ്രതീക്ഷിക്കൊന്നും വകയില്ല ഇത്രയും കാലം അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകില്ല അപ്പോൾ സാധന എന്താണ് മുഖ്യസാധന മുഖ്യസാധന വരണം എന്താണ് മുഖ്യസാധന എന്ന് പറയുന്നത് പാണ്ഡിത്യം ബാല്യം മൗനം ഇതിലേക്ക് തന്നെ വരണം പണ്ഡിറ്റ ബാല്യ മൗനങ്ങളിലേക്ക് എങ്ങനെ വരും അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഹായിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടോ യോഗവും ത്യാഗവും ജപവും തപവും എല്ലാം അതിന് സഹായിക്കും അതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്ന എന്താണ് ഈ മുഖ്യ സാധനങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് പണ്ഡിറ്റ ബാല്യമൗനങ്ങളിലേക്ക് വരികയാണ് അതാണ് അതിന്റെ പ്രയോജനം അല്ലാതെ അതിന് പ്രയോജനമൊന്നുമില്ലേ ജപത്തിനും തപത്തിനും ഒക്കെ തീർച്ചയായിട്ടും പ്രയോജനമുണ്ട് അതിന്റെ പ്രയോജനങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നു എന്തു ചെയ്താലും പ്രയോജനമുണ്ട് സത്തായാലും അസത്തായാലും സദാകാരമായാലും ദുരാകാരമായാലും പ്രയോജനമുണ്ട് ജപതപാധികൾക്കെല്ലാം പ്രയോജനമാണ് പക്ഷെ ആ പ്രയോജനങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന അജാതി തുരി അധികമോ ആ പ്രയോജനം അതിനു വേണ്ടി അതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുന്നതാണ് എങ്ങനെ അതെല്ലാം ഭിക്ഷണ അതെല്ലാം ഒരു ഭിക്ഷു ആകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ബാക്കിയ ഭിക്ഷു എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളവനാണ് തെക്തബാഹ്യേഷണ ബാഹ്യ ഏഷണങ്ങൾ തെളിയിച്ചു ലോകേഷണ പുത്രേഷണ വിത്തേഷണ ഇത്തരം യേശുനകളെ തെയിച്ച ആ യേശനത്യാഗത്തിന് യേശുണെന്നു വെച്ചാൽ ആഗ്രഹമൊന്നാണ് നടത്തുന്ന ഇച്ഛ നമ്മള് മലയാളത്തിൽ ഏഷനി പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഗ്രഹ ആഗ്രഹത്തെ ക്ക ആഗ്രഹത്തെ ധരിച്ചവനാണ് ഭിക്ഷു എന്ന് പറയുന്നു വെച്ചാൽ ശരിക്കും ഭിക്ഷു തന്നെ ഒറിജിനൽ സ്വാമി തന്നെ പറയും ഭിക്ഷു എന്നുവെച്ചപാതമായിട്ട് പറയുന്നതല്ല ഗ്രഹസ്ഥനത് പ്രയാസമാനെ ധരിക്കാൻ എളുപ്പമുള്ള കാര്യമുണ്ട് ഭിക്ഷുവിനെ സാധ്യമാകും ഗ്രഹസ്ഥനങ്ങനെ പുത്ര ഏഷണയെ ധരിക്കാൻ പറ്റും പുത്രേഷണന്ന് പറയുമ്പോ അത് പുത്രന്മാരുണ്ടാകണമെന്ന് ആഗ്രഹിക്ക സന്താനങ്ങളുണ്ടാകണമെന്ന് ആഗ്രഹിക്ക സന്താനങ്ങളെ സൃഷ്ടിക്കുക പിന്നെ അതിനെ സംരക്ഷിക്കുക അതെല്ലാം അധികം ഉൾപ്പെടുത്തും അവരുടെ ക്ഷയമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ആഗ്രഹം കൂടെ അതൊന്നും നടക്കത്തില്ല അപ്പോൾ ആ വേഷണ ശരിക്കും ഭക്ഷുവിനെ സാധ്യമാകും അത്തരം ഏഷണങ്ങൾ തിരിക്കാം അതുപോലെ വിത്തേഷണ ലോകേഷണം ജപത്തപം ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് വരുന്നു അലൌകികമായ ഫലങ്ങൾ മറ്റുള്ളതെല്ലാം ലൗകിക ഫലങ്ങളാണ് ലോകേഷിനെ എന്ന് പറയുമ്പോൾ അലൗകികമായ ഫലങ്ങൾ അത് പ്രതീക്ഷിക്കുക ഇതെല്ലാം രചിക്കുന്നവനാണ് ഭിക്ഷു സ്വാമി എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകം പറയുന്നു ഭിക്ഷുവിനെ സാധ്യമാകും ശരിക്കും ഇവിടെ പറയുന്ന ഈ അജാദിയും മറ്റും അനായാസമായി സിദ്ധമാകുന്ന ഭിക്ഷുവിനെ പറ്റും അതുകൊണ്ടതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു ആപ്യാനി ആപ്തവ്യാധി തെക്തബാഹ്യവേഷണ ത്രേണ ഭിക്ഷണ വാദ്യ ഭിക്ഷുപദവിയെ പ്രാപിക്കുന്നു ഭിക്ഷുത്വത്തെ പ്രാപിക്കണം മുഖ്യമായ സന്യാസം അതിനാണിവിടെ പറയുന്നത് അങ്ങനെ സന്യാസ മാർഗത്തിൽ വരണമെന്നർത്ഥം ഔദ്യോഗികോപഗ്രഹത്തിനാണെങ്കിലും എല്ലാം ഉപേക്ഷിച്ചിട്ട് വരണം വേറെ വഴിയൊന്നുമില്ല കുറച്ച് അതും കുറച്ച് ഇതുമായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഇവിടെ പറയുന്നതനുസരിച്ച് അത് ഉപേക്ഷിച്ചാലേ പറ്റും അങ്ങനെയുള്ള ഭിക്ഷുണ സന്യസി ശ്രോണം കുര്യ ശ്രുതി പറയുന്നു സന്യസിച്ചിട്ട് ഇതിനെല്ലാം അപേക്ഷിക്കണം അച്ഛൻ്റെ ജോലിക്ക് എന്ന ഇതൊക്കെ ഇരുന്നോട്ടെ കുടുംബം എല്ലാം ഇരുന്നോട്ടെ അതിന്റെ ആഗ്രഹത്തെ അങ്ങ് വീഴ്ച പോരെ അപ്പോ ഇത് എല്ലാം ഇരുന്നോട്ടെ ആഗ്രഹത്തെ വീഴ്ച പോരെന്നോ എല്ലാ ആഗ്രഹവും ഉപേക്ഷിക്കാൻ തയ്യാറാണ് പക്ഷെ ഇത് ഇരിക്കണമെന്നുള്ള ഒരാഗ്രഹം ആ ഒരാഗ്രഹത്തെ മാത്രം സഹിക്കാൻ വയ്യ എല്ലാം വേണം ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം വേണം ആ ഒരു ആഗ്രഹം ഇരുന്നിട്ട് ബാക്കി എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഇവിടെ അതല്ല പറയുന്നത് വിഷമം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചതെന്നല്ല എന്റെ അർത്ഥത്തിന് മാനസികമായും ബാഹ്യമായും എന്നെ ഉപേക്ഷിച്ചതാണ് അങ്ങനെ ഉപേക്ഷിച്ച് പാണ്ഡിത്യ ബാല്യ മൗന സാധനങ്ങളെ സ്വീകരിക്കുന്നു എന്നത് പാണ്ഡിത്യം ഉണ്ടായാലേ പറ്റും ശാസ്ത്രജ്ഞാനം അതെന്താ പാണ്ഡിത്യം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന സാധനമാർഗത്തെ കുറിച്ച് പറയുകയാണ് ശാസ്ത്രജ്ഞാനം എന്ന് പറയുമ്പോൾ ഏത് ശാസ്ത്രം ചോദ്യം വരും അത് ശ്രുതിയാണ് ഉപനിഷത്ത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രം ഉപനിഷത്ത് ശാസ്ത്രത്തിന്റെ ജ്ഞാനം എന്തിനാ ഉപനിഷത്ത് അതാണ് ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നത് തത്വമീ അയമാത്മാ ബ്രഹ്മാഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ബോധിപ്പിക്കുന്നത് ശ്രുതിയാണ് ഉപനിഷത്താണ് അപ്പൊ അതിന്റെ ജ്ഞാനം വേണം അതാണ് ഇവിടെ പാണ്ഡിത്യം അത് കേട്ടാൽ മനസ്സിലാവണം കേട്ടാൽ മനസ്സിലാവണം അതാണ് ശ്രവണം അതുകൊണ്ടാണ് പാണ്ഡിത്യത്തിനൂടെ ആനന്ദഗിരി മറ്റും വേഖ്യാനിക്കുന്ന ശ്രവണം എന്ന് പറയും ശ്രവണമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവണം കേട്ടാൽ ആർക്കും മനസ്സിലാകത്തില്ലേ എന്ന് ചോദിച്ചാൽ ഇന്ന കഴുതിയുടെ മുമ്പിൽ പറഞ്ഞാൽ അതിന് മനസ്സിലാവും മനസ്സിലാകത്തില്ല പദപദാർത്ഥ ജ്ഞാനം ഗ്രഹിക്കാൻ യോഗ്യതയുള്ളവനെ അത് മനസ്സിലാവും ഉണ്ടാകാത്തവനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള യോഗ്യതയാണെന്ന് നമ്മൾ പറഞ്ഞാണ് ഏഷണ ത്യാഗം ആ ഏഷണ ത്യാഗത്തോടു കൂടി ശ്രവിക്കണം സന്യസി ശ്രവണം സന്യസിച്ചിട്ട് ശ്രവിക്കണം അപ്പോ പെട്ടെന്ന് പലരുടെയും മനസ്സിൽ വരും സന്യസിച്ചിട്ടിപ്പോൾ ഞങ്ങൾ അതൊന്നും സന്യസിച്ചിട്ടിപ്പോ ഞങ്ങൾക്ക് വേറെ ഡ്യൂട്ടിയാണല്ലോ എന്ന് പറയും വേറെ പല പണികളുവാണല്ലോ ചെയ്യുന്നു തലയിലെഴുതി പിടലിൽ ചുറിഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അനുഭവിച്ചോളു ഇവിടെ ശാസ്ത്രം പറയുന്ന ഇതാണ് സന്യസി ശ്രവണം കിട്ടും സന്യസിച്ചിട്ട് ശ്രവണം ചെയ്യണം വേറെ എന്തെങ്കിലും ചെയ്യുന്നു പറയാ എന്താണ് യം ആ യേണാത്രയം പോയിട്ടില്ല അപ്പൊ ബാക്കി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ യേശണാത്രയെ ത്യാഗത്തിന് ഉപകരിക്കുന്ന നല്ലത് ഇപ്പൊ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ സന്യാസം എന്ന് പറയാൻ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ വീണ്ടും വീഡിയോയിലേക്ക് പോകേണ്ടി പോകുന്നുണ്ട് ദോഷമൊന്നുമില്ല കാരണം ഇത് പാരുടെ മനസ്സിനുണ്ട് ഗീത അപ്പോ സന്യാസം എന്ന് പറഞ്ഞപ്പോൾ കർമ്മയോഗമാണ് അപ്പോ ഏഷണത്യാഗത്തിന് വേണ്ടി സന്യാസം ഇത് സ്വീകരിച്ച് ഇന്ന മറ്റു പ്രവർത്തികളും ചെയ്യാം പക്ഷെ ഇതൊക്കെ എത്ര ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം മറ്റ് ധർമ്മ മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ അനുസരിച്ചിട്ട് അവിടെ ഈ പറയുന്ന യക്ഷണാത്യാഗത്തിന് പകരം പുതിയ പുതിയ ഏഷണകളൊക്കെ വരാനാണ് ചാൻസ് കൂടുതൽ അഹന്തയും മമതയും ഒക്കെ വർധിക്കാനാണ് കൂടുതലും ചാൻസ് യേഷണാത്യാഗമൊക്കെ വരാൻ ചാൻസ് കുറവാണ് കാരണം സന്യാസിയായാലും ഇപ്പോ കൈകാര്യം ചെയ്യുന്ന അതൊക്കെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത് എന്നെ മാറ്റി നിർത്തിയിട്ട് പറയാം സമ്പത്ത് അധികാരം ഇതൊക്കെയാണ് സന്യാസിമാരും കൈകാര്യം ചെയ്യുക അപ്പൊ പിന്നെ ഇവിടെ ഏഷ്യനൊക്കെ ആകുന്നത് അപ്പൊ ഇവിടെ പറയുന്ന ഏഷ്യനെയൊക്കെ അതെല്ലാം കൊടുക്കുന്ന പല കാര്യങ്ങൾക്ക് അധികാരക്രമത്വത പണത്തിന്റെ ദുരഭിമാനങ്ങൾ ഇതെ സന്യാസിക്കും അവസാനത്തെ സമ്പാദ്യമായി നിലനിൽക്കത്തുള്ള അങ്ങനെയാണ് കണ്ടുവരുന്നത് യശ്നാശ്രേയത്യാഗവും ഭിക്ഷുവിനും ഇന്നത്തെ കാലത്ത് വരാൻ വലിയ പ്രയാസമാണ് അതിനെക്കുറിച്ചെല്ലാം ഇവിടെ പറയുന്നു ആ ത്യാഗത്തോടുകൂടി പാണ്ഡിത്യത്തെ പ്രാപിക്കണം പ്രയാസമാണ് സ്വാമിമാർക്കൊന്നും സമയമില്ല ശ്രവിക്കാൻ എന്താ പണി വേറെ പിടിപ്പതുണ്ട് പിന്നെ എങ്ങനെയാണ് ശ്രവിക്കുന്നത് ഒരുപാട് പണിയുണ്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് ശ്രവിക്കാൻ പറ്റും അതും പറ്റത്തില്ല അതിനോടൊപ്പം ശ്രവിക്കാൻ പറ്റും ദഹിക്കത്തില്ല പല പ്രശ്നങ്ങളാണ് ശ്രവണം കൂടിയു ഇവിടെ ഭാഷകാലം ഇവിടെ പറയുന്ന ഈ തുല്യ അധിഗമത്തിൽ ശ്രവണം കൂടിയേ ആര് ധരിച്ചറിയിരുന്നു ഞങ്ങളെ കുറിച്ചല്ല പറയുന്നത് വേറെ സ്വാമിമാരെ കുറിച്ചാണ് അങ്ങനെ ധരിച്ചുള്ളത് നമ്മളെ കുറിച്ച് തന്നെ പറയുന്നു വേറെ ആരെങ്കിലും ചുമരി കൊണ്ട് ചാരിയിട്ടിരുന്നു ദീർഘനിശ്വാസം വിടരുത് മനസ്സിൽ അവനവനെ തന്നെ കാണണം വേറൊരാളെ കാണരുത് എത്ര പേർക്ക് ഇതിനൊക്കെ സമയമുണ്ട് ശ്രവണത്തിനൊക്കെ ഒരു മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ ആർക്കും കഴിയുന്നുണ്ട് കഴിയുന്നില്ല കാരണം ഉത്തരവാദിത്വങ്ങളുണ്ട് ജോലികളുണ്ട് സമയം കിട്ടുന്നില്ല ആദ്യ അത ആർജിക്കണം പാണ്ഡിത്യം ഔപനിഷതമായി ഞാനും ശ്രവണം തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ആനന്ദഗിരി മറ്റും പറഞ്ഞിട്ടുണ്ട് വേദാന്ത താത്പര്യ അഭിജ്ഞത്വം ഞാൻ വിശദീകരിച്ചത് വേദാന്ത താത്പര്യത്തിൽ അഭിജ്ഞനാവണം അശ്രുതിയിൽ നിന്ന് തന്നെ അത് ഗ്രഹിക്കണം ശ്രുതിയുടെ ശക്തി അചന്യമാണ് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയും ശ്രുതിക്ക് അങ്ങനെ ഒരു വിശേഷര പലരും ചിന്തിക്കും നമ്മളെന്തിനാ ശ്രുതിയെ ഇങ്ങനെ പാരായണം ചെയ്യുന്നു നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അതിശ്രുതിയെ പാരായണം ചെയ്യും സ്വാധ്യായം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പരമാർത്ഥത്തിൽ നമ്മൾ ഈ വാചക നടത്തുന്നതിൽ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് അതിന്റെ ആ സ്വാധ്യായമാണ് കാരണം ആ ശബ്ദത്തിന്റെ അചിന്ത്യമായ ശക്തിക്ക് നമ്മളിൽ പരിവർത്തനം വരുത്താൻ പറ്റും വാസ്തവത്തിൽ നമ്മൾ വ്യാഖ്യാനത്തിൽ നിന്നുള്ള അർത്ഥത്തഗ്രഹിക്കുന്നു ശ്രുതിയിൽ നിന്നാണ് ശ്രുതിക്ക് നമ്മുടെ ഉള്ളിലെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന ശേഷിയുണ്ട് അതുകൊണ്ടാണ് നമ്മളതിന്റെ സ്വാധ്യായം നിർബന്ധമായിരിക്കണമെന്ന് പറയുന്നത് എന്നും ഇത് ആവർത്തിച്ചിട്ടെന്താ പ്രയോജനം അതെങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കുന്നുവെന്നും ഒരുപക്ഷെ നമുക്കറിയാൻ കഴിഞ്ഞെന്ന് വരത് പക്ഷെ അതിന്റെ അതിന്തിയമായ ശക്തിയാണ് ശരിക്കും ഈ ആശയത്തെ നമ്മളിൽ പ്രകാശിപ്പിക്കുക അതിനുള്ള അക്കാര്യത്തിൽ ശബ്ദത്തിനുണ്ട് അതുകൊണ്ടാണ് ശ്രുതിയുടെ സ്വാധ്യായം പാരായണം ഒരിക്കലും മുടങ്ങരുതെന്ന് ശ്രുതി തന്നെ പറഞ്ഞിരിക്കുന്നു അതൊരാധ്യാത്മിക സാധന എന്നുള്ളതാണ് അല്ലാതെ ചെയ്യുന്നതിനാണ് നിഷേധിക്കുന്നത് വെറുതെ ഇത് മനഃപ്പാഠം ചെയ്യാൻ വേണ്ടി പഠിക്കുക അതല്ല ഏകാഗ്രമായ മനസ്സോടുകൂടി അല്പസമയമെങ്കിലും ശ്രുതിയുടെ സ്വാധ്യായം അനുഷ്ഠിച്ചാൽ അതിന്റെ ഫലം അത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല അതാണ് വാസ്തവത്തി ഫലത്തെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മളത് എന്നും ആവർത്തിക്കുന്നത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ അഭ്യാസം വിട്ടിട്ട് ബാക്കി തന്നെ നമ്മള് വിഷയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചു മിനിറ്റ് ലാഭിക്കാണ്ടോ ചോദിച്ചിട്ട് എന്തിനാണ് ഇത് വെറുതെ ഇങ്ങനെ ആവർത്തിക്കുന്നു വെറുതെ തന്നെ ഇത് ആവർത്തിക്കുന്നു വേദാന്ത താല്പര്യം ശ്രുതിയുടെ താല്പര്യം ശ്രുതിയിൽ നിന്ന് തന്നെ ഗ്രഹിക്കുന്നു നമ്മളത് അതിനെ വിശദീകരിച്ച് വേറെ ഭാഷകളിലൂടെ അതിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇതെന്നെ ആ ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ് വേറെ ഏതെങ്കിലും ഉപായത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴും ഈ ആശയത്തെ നമ്മളിൽ വെളിപ്പെടുത്തി തരുന്ന ആ ശ്രുതിയാണ് അത് മറ്റ് ശബ്ദങ്ങളല്ല അതും അത് വിധത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു മുഖ്യമായ വിഷയമാണ് ഈ ശ്രുതിയാണോ ശരിക്കും സാക്ഷാത്കാരത്തെ ഉണ്ടാക്കുന്നതും അതോ ആ ശ്രുതി ആശ്രയിച്ച് നമ്മൾ നടത്തുന്ന ഈ ചർച്ചകളാണ് അതിന്റെ അന്തിമമായ നിഗമനം ആ ചർച്ച വളരെ വലുതാണ് ആചാര്യന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട് പറയുന്നത് ഇതെല്ലാ സഹകാരികളാണ് ബാക്കിയുള്ള മനന നിധ്യാസന ശ്രവണങ്ങളെല്ലാം പക്ഷേ സാക്ഷാത്തായി ആ അനുഭവത്തെ പ്രദാനം ചെയ്യുന്ന ശ്രുതിയല്ല എന്നുവെച്ചാൽ അശ്രുതി ബാക്കിയെന്നാണ് ബാക്കിയുള്ളതോ അതിനെ സഹായിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ അത് ചെയ്യുന്നു പക്ഷെ ആ ശ്രുതി അവലംബിക്കാതെ ഒരു ചെറിയൊരു തീപ്പൊരി ഈ ലോകം മുഴുവൻ ഭസമാക്കാൻ പറ്റും ലോകത്ത് മുഴുവൻ പക്ഷെ അത് തുടങ്ങുന്ന എവിടെ നിന്നായിരിക്കും ഒരു അഗ്നിയുടെ ഒരു ശകലത്തിൽ നിന്നായിരിക്കും അതൊരു ഹൈട്രജൻ ബാമ്പോ അണുബാമ്പോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും വസമായി കളയാൻ പറ്റും പക്ഷെ അതൊരു തീപ്പൊരിയിൽ നിന്നാണ് ആ തുടക്കം അതുപോലെ ആ തീപ്പൊരിയുടെ സ്ഥാനമാണ് ഈ ഉപംഷത്തിനുള്ളത് അതിന് എത്രയും ബൃഹത്വമാകാം ഏറ്റവും അണുമാകാം എല്ലാ ശക്തിയും അവിടെ ഇരിക്കുകയാണ് ഈ ശ്രുതി അതുകൊണ്ട് ആ ശ്രുതിയുടെ താല്പര്യം അഭിജ്ഞത്വം അതാണ് പാണ്ഡിത്യം പറയുന്നത് ശ്രുതിയിൽ നിന്ന് തന്നെ അത് തുടങ്ങണം പിന്നെ നമ്മൾ വേറെ എവിടെയൊക്കെ പോയാലും ശരി അവസാനം അത് ആ ശ്രുതി തന്നെ അവസാനിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള പാണ്ഡിത്യം അത് കൂടിയേ തീരും അത് എങ്ങനെ വരും ശ്രവണത്തിൽ നിന്ന് അതിന് സഹായിക്കുന്നതാണ് എന്ന് പറഞ്ഞ് തിക്ത ബാഹ്യ ഏഷണത്രയം എന്നല്ല ഏഷണ ത്യാഗവും മറ്റും ആ ശ്രുതി ശരിയായ ഫലം നമ്മളിൽ കൊടുക്കുന്നതിന് സഹായിക്കും വേഷണകളെ തെയിച്ചാൽ അവൻ ഭിക്ഷുവായാൽ അവന്റെ മനസ്സിന് വികൽപ്പങ്ങൾ കുറഞ്ഞിരിക്കും ശാന്തമായിരിക്കും മനസ്സ് ഏകാഗ്രമാകും ശുദ്ധമാകും അവിടെ ഈ ശ്രുതി ഫലത്തെ ഉണ്ടാകും മറ്റു സാധനങ്ങളെല്ലാം ഈ യോഗ്യതകളെ ആ ഭിക്ഷുവിന് കൊടുക്കുന്നതിന് സഹായിക്കും ഒന്നും നിഷ്പലമാണ് ഒന്നും വേണ്ടെന്നല്ല പറയുന്നു പക്ഷെ ശരിയായ വഴിയിലേക്ക് പറഞ്ഞു ശരിയായ വഴി എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഈ പാണ്ഡിത്യത്തിലാണ് ശർമ്മണത്തിലാണ് നമ്മൾ പരമാർത്ഥ തത്വത്തെ ബോധിക്കുന്നു അവസ്ഥാത്രയും പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു സ്വസ്വരൂവും പരമാർത്ഥമാണെന്ന് ബോധിക്കുന്നു ബോധിപ്പിക്കുന്നു എന്നാലും ബോധിക്കുന്നില്ല ഈ ഒരു അവസ്ഥയിലാണ് അതിന് ശരിയായ വഴിയിലേക്ക് പാണ്ഡിത്യത്തിന്റെ അവവണത്തിന്റെ വഴിയിലേക്ക് വരിക അത് ഏഷണാത്രേഷണാത്രേയ ത്യാഗത്തോടുകൂടി പാണ്ഡിത്യത്തിന്റെ വഴിയിൽ വരിക മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശ്രവണത്തിൽ പ്രാധാന്യം ശബ്ദത്തിൽ ശ്രോണത്തിൽ എന്തു ചെയ്യുന്നു നമ്മൾ ശബ്ദത്തിൽ നിന്ന് അർത്ഥ സംഗ്രഹിക്കുന്നു കാരണം അവിടെ ശബ്ദത്തെ ആശ്രയിച്ചാണ് മുഖ്യമാണ് ശ്രവിക്കുന്ന ശബ്ദത്തെ ആശ്രയിച്ച് അതുകൊണ്ടാണ് അവിടെ ശ്രദ്ധിക്കും പ്രാധാന്യം വന്നത് അടുത്ത് പറയുന്നു ബാല്യം ശ്രവണം രണ്ടു തരത്തിൽ ഒന്ന് അതിന്റെ ആ പരമമായ ഫലത്തിലേക്ക് നമ്മളെ അടുപ്പിക്കും അതൊന്നും മുഖ്യമായിട്ട് മറ്റൊന്നെന്താണോ ആ ശ്രവിക്കുന്നവനെ പാകപ്പെടുത്തും യോഗ്യതാ സമ്പാദനം അതിനൊന്ന് സഹായിക്കും അധികാരിഭേദമനുസരിച്ച് യോഗ്യതകളെല്ലാം വീണ്ടും വണ്ണം ഉള്ളവനാണെങ്കിൽ അവനെ എളുപ്പ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകും യോഗ്യതകളുടെ പോരായ്മയുണ്ടെങ്കിൽ അവനെ അവിടെ നിർത്തിയിട്ട് അവന് ആ യോഗ്യതകളുടെ സമ്പാദ്യത്തിന് സഹായിക്കും മുമ്പോട്ട് ഇനി ഒരടി മുമ്പോട്ട് പോകണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്റെയും ആ യോഗ്യത അവന് പകർന്നുള്ളൂ അവന് ശ്രവണത്തിന് മനസ്സിന് വിവേകമുണ്ടാകുന്നു ആ വിവേകമനുസരിച്ച് അവന്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം മാറുന്നു അതനുസരിച്ച് അവന് യോഗ്യതകൾ വരുന്നു സമ്മതമാതി ഗുണങ്ങൾ എല്ലാം വരുന്നു യോഗ്യതാ സമ്പാദനം എന്നുള്ളതിലേക്കാണ് ശ്രവണം ചിലർക്ക് ഫലവത്താകുന്നത് ചിലരെ യോഗ്യതയുള്ളവരെ അല്ലെങ്കിൽ യോഗ്യതയുടെ ഏറ്റക്കുറിച്ചിലനുസരിച്ച് അവന് മുന്നോട്ട് നയിക്കും അവിടെ ശബ്ദത്തിന് പ്രാധാന്യം ശ്രമിക്കുന്ന ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ് അവന്റെ ഉള്ളിൽ വിവേകമുണ്ടാകുന്നതും അവൻ പിന്നെ പ്രവർത്തിക്കുന്നതും അവിടെ ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തെ ഗ്രഹിക്കുന്നു മനനത്തിനങ്ങനെ മനനത്തിൽ അർത്ഥത്തിൽ നിന്നും അർത്ഥത്തഗ്രഹിക്കുന്നു അവിടെ ശബ്ദത്തിനുള്ള പ്രാധാന്യം മനസ്സിനുള്ള പ്രാധാന്യം മനനാ മുനി മനനം കൊണ്ടാണ് ഒരുവൻ മുനിയാകുന്നത് മൗനം മുനേ ഹെ കർമ്മ ഇവിടെ പറയും വ്യാഖ്യാനം മുനിയുടെ പ്രവൃത്തിയാണ് അവിടെ ശബ്ദം ആന്തരികമാണ് അതുകൊണ്ട് തന്നെ അവിടെ ശബ്ദത്തിനുള്ള പ്രാധാന്യം അർത്ഥത്തിലാണ് അവനെന്ത് ചെയ്യുന്നു അർത്ഥത്തിൽ നിന്നും അർത്ഥത്തിലേക്ക് പോകും ശ്രവണത്തിൽ നിന്നവൻ ചിലപ്പോൾ വാക്യത്തിലെത്തിയെങ്കിൽ ലക്ഷ്യത്തിലേക്കും പോകാം മനനത്തിലവൻ വാക്യത്തിൽ നിന്നും ലക്ഷ്യത്തിലേക്ക് പോകും നമ്മൾ പറയാം ഞാൻ അഞ്ചുകൊല്ലം മുമ്പ് സസ്യംഗം ശ്രമിച്ചു അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും ശ്രമിക്കും അഞ്ചു കൊല്ലം ശ്രവിച്ചപ്പോൾ ഗ്രഹിച്ച കാര്യങ്ങളല്ല ഇന്ന് ഗ്രഹിക്കും എന്താ മാറ്റം വന്നത് അഞ്ചു കൊല്ലം നമ്മൾ ശ്രവിച്ച അതേ വാക്ക് അതേ വ്യക്തിയിൽ നിന്ന് ശ്രമിച്ചാലും അർത്ഥബോധത്തിന് വ്യത്യാസം അവിടെ എന്താ സംഭവിച്ചത് അവിടെ മനനമാണ് മനനം എന്ത് ചെയ്യുന്നു അർത്ഥത്തിൽ നിന്നും അർത്ഥത്തിന് കൊണ്ടുപോകും ശബ്ദത്തിന് ചെയ്യാവുന്നത് പരമാവധി അത് നിറവേറ്റിക്കഴിഞ്ഞു പക്ഷെ മനസ്സിനും വീണ്ടും പറയും ചെയ്യാനും അതാണ് മനനത്തിൽ സംഭവിക്കുന്നത് അതിന് ബാല്യം എന്ന് എന്തുകൊണ്ട് പറയുന്നു ംഭ ദർപ്പഹങ്കാതിരാഹി അതിനുവേണ്ടിട്ടാണ് ഞാൻ നേരത്തെ സ്വാമിമാരുടെ കാര്യം പറഞ്ഞത് ഞാൻ സ്വാമിമാരുടെ കാര്യം പറയുമ്പോഴെല്ലാം പലരുടെയും മനസ്സിൽ തോന്നുന്ന കാര്യമാണ് ഞാൻ ഈ സ്വാമിമാരുടെ പേരെടുത്ത് പറയുന്നതിന് സ്വാമിമാരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് സ്തുതിക്കാൻ വേണ്ടി അല്ല ഒരു സ്വാമിയായിരുന്നുകൊണ്ട് തന്നെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പലരുടെയും പരാതി അത് തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നല്ല വേറെ ഒന്നും പറയാനും നിർത്തിയില്ല അതായത് ഇവിടെ പറയുകയാണ് ഭിക്ഷുവിന്റെ സ്ഥിതിയെ കുറിച്ച് പറയുന്നതാണ് ബാല്യം ശ്രവണത്തിനൊന്നും അവൻ ബാല്യത്തിൽ എത്തിച്ചേരണം പുരദാരണത്തിൽ പറയുന്നതാണ് ഭാഷകാര കൂടെ ഒന്നുകൂടി ആവർത്തിക്കുന്ന അപ്പൊ ഒരു ഭിക്ഷ ബാല്യം എന്ന് പറയുന്ന ഒരവസ്ഥ എത്തിച്ചേരണെങ്കിൽ അവന് ആദ്യം പാണ്ഡിത്യം വേണം എന്നുവെച്ചാൽ ശ്രവണം ശരിയായ രീതിയിൽ വേണം ശ്രവണത്തിന്റെ എന്താണ് ആ ബാല്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ബാല്യം എന്ന് പറഞ്ഞാൽ ശിശുവിന്റെ ഭാവം തന്നെ അതാണ് ബാല്യം എന്ന് പറയും എന്താണ് ദമ്പ ദർപ്പ അഹങ്കാരാദിരാഹിത്യം നമ്മൾ പറയും ശിശുവിന്റെ നിഷ്കളങ്കതാണെന്ന് അത് അക്ഷരാർത്ഥത്തിലല്ല ഒരു ശിശു ബാഹ്യമായി നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിലവൻ നിഷ്കളങ്കനാണെങ്കിലും അവനിടെ എല്ലാ ദുർവാസനകളും കാമക്രോധാദികളുമെല്ലാം ഉറങ്ങും കിടപ്പുണ്ട് അത് പ്രകടമാകേണ്ടി വരുന്ന സമയത്ത് അതെല്ലാം പ്രകടമായിക്കോളും അവൻ ശിശുവായിരിക്കുമ്പം തന്നെ അവൻ രാവണനോ രാക്ഷസനോ ഒക്കെ ആയിരുന്നു രാവണനും ഒരു കാലത്ത് ശിശുവായിരുന്നു വാക്കിയായിരുന്നു അല്ല അവിടെ ഉദ്ദേശിക്കുന്നു മറിച്ചെന്താണ് ആ ഭാവം ആ ഭാവത്തിൽ നിന്ന് പ്രകടമാകുന്ന എന്താണ് ദമ്പ ദർപ്പ അഹങ്കാരാദിരാഹിത്യം ഒന്നും അവിടെ പ്രകടമാണല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം വാസനാരൂപത്തിലാണ് പ്രകടമാകുന്ന എന്താണ് ഈ ദമ്പ ദർപ്പ അഹങ്കാരാഹിത്യമാണ് അത് ശ്രവണത്തിൽ നിന്ന് പറഞ്ഞല്ലോ ശ്രവണം സാധന സമ്പത്തിക്ക് സഹായിക്കും ശ്രവണം കൊണ്ട് വിവേകം ഉണ്ടാവും ആ വിവേകം കൊണ്ട് അവന് ഈ ദമ്പ ദർപ്പ അഹങ്കാരാദികളെല്ലാം ത്യജിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടാവുന്നു അതവനിലുണ്ടാവും അതാണ് ശ്രവണത്തിന് ഒരു തരത്തിൽ ചെയ്യുന്നത് അപ്പം മനനത്തിലേക്ക് വരുന്നത് അപ്പൊ ശ്രവണം ലക്ഷമനു കൂടിയേ ചെയ്തു വാസ്തവത്തിൽ പഴയകാലത്ത് ഈ സന്യാസമെന്ന് പറയുന്നത് തന്നെ ഇങ്ങനൊരു സമ്പ്രദായം തന്നെ വെച്ചത് സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുരുക്കി പറഞ്ഞത് സമയം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രായോഗികമായ ഇതാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ഭാര്യ ഭർത്താവ് കുടുംബം പ്രാരബ്ധൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിനൊന്നും സമയം കിട്ടത്തില്ല സമയം കുറവായിരിക്കും വീട്ടുകാരും നോക്കണം കുടുംബകാര്യം നോക്കണം ഭിക്ഷുവായി കഴിഞ്ഞാൽ സമയം കിട്ടും ഈ ഉത്തരവാദിത്വങ്ങളൊന്നും കണ്ടോ അപ്പൊ ആ സമയം എന്തിനുപയോഗിക്കാം ശരവണത്തിന് വേദാന്ത ശരോണത്തിനുപയോഗിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് ഒരു കാര്യം അത് മാത്രമൊന്നും ഞാൻ പറയാനല്ല എന്റെ വ്യാകരണത്തിൽ കയറി ആരും പിടിക്കരുത് ഒന്ന് അതാണോ ഏതാണോ ഒരു പ്രായോഗികമായ ഒരു കാഴ്ചപ്പാട് സമയലാകും അപ്പൊ ശ്രവണത്തിനും മറ്റും ധാരാളം സമയം കിട്ടും ഭക്ഷണം പാകം ചെയ്യേണ്ട ആവശ്യമില്ല എല്ലായിടത്തും പോയി പിഷയെടുത്ത് കഴിച്ച ഇന്ന് സ്വാമിമാർക്ക് അറിയിക്കുന്ന സമയമുണ്ട് സ്വാമിയായിട്ട് ഇല്ല ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയൊക്കെ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ച് സമയം കിട്ടുന്നുണ്ടോ ഇല്ല ശ്രവണത്തിന് സമയമില്ല ബാക്കി കാര്യങ്ങൾക്ക് സമയമുണ്ട് അപ്പൊ ശ്രവണമെന്നുള്ള ആ ഘട്ടം കടന്നില്ലെങ്കിൽ പിന്നെ മനനത്തിൽ എങ്ങനെ വരും മനനത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന എന്താണ് ദമ്പ ദർപ്പ ഹങ്കാരാദി രാഹിത്യം എങ്ങനെ വരും വരാൻ പാടാണ് ശ്രവണമുണ്ടായാലേ പറ്റൂ ശ്രവണത്തിന് സമയം കണ്ടെത്തിയാലേ പറ്റൂ ഈ ഒരു നിലയിലേക്ക് വരണമെങ്കിൽ ഒരാൾ പറയുകയാണ് ഞാനിപ്പോ അങ്ങനെയൊരു നിലയിലേക്കൊന്നും എത്തിയിട്ടില്ല ഞാനിപ്പോ ഒരു സ്വാമിയാണെങ്കിലും ആ സ്വാമിയാണ് എന്ന് പറയണമെങ്കിലും ഞാൻ വിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഭിക്ഷുവിന്റെ കാര്യം പറയുകയാണ് ശ്രവണത്തിന് സമയം കണ്ടെത്തിയാലേ പറ്റൂ ശ്രവണത്തിൽ നിന്നും മനനത്തിലേക്ക് വരണം മനനത്തിൽ വന്ന് എന്തു ചെയ്യണം ഇവിടെ പറയുന്ന രാഗദ്വേഷ മോഹാദികളെ തയ്ക്കണം ബാല്യെന്നു പറയുന്ന അവസരത്തിനും ഡമ്പ ദർപ്പഹങ്കാരാദികളെ എന്ന ഉപേക്ഷിക്കണം ഈ വഴിക്ക് വന്നേ പറ്റൂ അപ്പൊ ചെറു പറയും ഇനി അപ്പൊ സ്വാമി പറയുന്ന നടക്കാത്ത കാര്യമാണ് ഈ പറയുന്നൊന്നും കൂടെ നിങ്ങളുടെ സൗകര്യത്തിന് പറയണമെങ്കിൽ വേറെ ആളിനെ അന്വേഷിക്കണം ഇത് ശാസ്ത്രം പറയണം ശാസ്ത്രത്തിന് ഇങ്ങനെയാണ് പറയുന്നത് അതായത് സൗകര്യത്തിന് പറഞ്ഞു തരാൻ പറ്റത്തില്ല ഇത് പറയുന്നത് എന്താണ് പരമാർത്ഥമാണോ ഭിക്ഷു എന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഭിക്ഷുവിന്റെ നിനയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് അവന് ശ്രവിക്കാൻ സമയം വേണം ശ്രവണത്തിൽ വരണം ശ്രവണത്തിൽ നിന്ന് അവന് ഈ ഭാവത്തിലേക്ക് വരണം മനനത്തിലേക്ക് വരണം എന്താണ് ദമ്പ ദർപ്പ ഹങ്കാരാദികളെ ത്യജിക്കണം അങ്ങനെ ത്യജിച്ച് ബാല്യം എന്ന് പറയുന്ന അവസ്ഥയിലെത്തിച്ചേരണം അതടുത്ത് പറയുന്നു അവിടെ നിന്നാ പോരാ ആ അവിടെ മനനത്തിൽ അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അത് ഈ ദമ്പതിർപ്പ് അഹങ്കാരാദികളെ തിരിച്ച് ആ നിഷ്കളങ്കമായ ഒരു ഭാവത്തിൽ മനനം തുടരുന്നു അപ്പൊ അവിടെ മനസ്സിനാണ് പ്രാധാന്യം ശബ്ദം ശ്രോണത്തിൽ നിന്ന് വേണ്ടതെല്ലാം അവന് കൊടുത്തു കഴിഞ്ഞു പക്ഷെ അത് കോരാ അവിടെ ശബ്ദത്തിൽ നിന്ന് അർത്ഥം കിട്ടിയതേയുള്ളൂ അർത്ഥത്തിൽ നിന്നുള്ള അർത്ഥം കിടന്നു അതിനാണ് നമ്മൾ ചിലടത്ത് പറയുന്നത് ലക്ഷ്യാർഥമെന്നൊക്കെ പറയും നമ്മൾ പറയുന്നുണ്ടല്ലോ കേട്ട് പക്ഷെ തെളിയുന്നില്ല ബോധ്യപ്പെടുന്നില്ല എന്ന് അപ്പോൾ അതിനുള്ളിൽ തെളിയണം അത് അർത്ഥത്തിന്റെ അർത്ഥമാണ് തെളിയുന്നത് അല്ലെങ്കിൽ വേറെ എന്താണ് സൂക്ഷ്മമായ അർത്ഥം ശ്രുതിയുടെ സൂക്ഷ്മമായ താല്പര്യങ്ങൾ അതിനുള്ളിൽ തെളിയണം അതാണ് അവിടെ യുക്തിദ ശ്രുതഅർത്ഥ അനുസന്ധാന കുശലം ആദ്യമൻ ശ്രുതാർത്ഥനാകുന്നു എനിക്ക് മനനം ചെയ്യാൻ കഴിയുന്നില്ല ചിലപോലെ മനനം ചെയ്യാൻ കയ്യിലെന്തെങ്കിലും വേണ്ടേ ഇപ്പൊ കയ്യിലുള്ളത് മനനം ചെയ്യുന്നു ഇപ്പൊ കയ്യിലെന്താ ഇരിക്കുന്നത് മനനം ചെയ്യാൻ ലോകകാര്യങ്ങളായിരിക്കുന്നു അതിന്റെ മനനം നടക്കുന്നു ആത്മമനനം നടക്കുന്നുണ്ട് എന്തുകൊണ്ട് അതിലൂടെ പറഞ്ഞു ശ്രുതാർത്ഥം ശ്രവണത്തിൽ നിന്ന് അർത്ഥം കയ്യിൽ കിട്ടിയവനെ മനനം ചെയ്യാൻ പറ്റും അത് യേശനത്യാഗത്തോടുകൂടി ശ്രവണം ചെയ്യുന്നു അങ്ങനെ ശ്രവണം ചെയ്ത് അവന് ശ്രുതി അർത്ഥം ധരിക്കുക ശ്രുതി അർത്ഥം ധരിച്ചവനെ പിന്നെ മനനം ചെയ്യാൻ പറ്റും നിങ്ങൾ ശ്രവണം ചെയ്യുന്നു അർത്ഥമൊന്നും ധരിക്കുന്നില്ല ചൊല്ലു പറയല്ലോ കേട്ടുപക്ഷെ ഒന്നും മനസ്സിലായി പിന്നെ മനനം ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലാകാതെ എന്ത് മനനം ചെയ്യണം മനസ്സിലുള്ളതിനെ മനനം ചെയ്യാൻ പറ്റും മനസ്സിലൊന്നും ആയിട്ടില്ലെന്ന് വെച്ചാൽ മനസ്സിലൊന്നുമില്ലെന്നാണ് അതുകൊണ്ടുകൂടെ പറയുന്നത് ശ്രുതി അർത്ഥം ശ്രവണത്തിന് നിന്ന് അർത്ഥം കിട്ടണം ഉള്ളിൽ അർത്ഥം കിട്ടിയവന് ആ അർത്ഥത്തിൽ നിന്നും പിന്നെ അടുത്ത് അർത്ഥങ്ങളിലേക്ക് പോവാം അതാണ് മനം അതിനുള്ളൊരു സാമർഥ്യം വരണം ആ സാമർഥ്യം എന്ന് പറയുന്നത് മുഖ്യമായും ഭിക്ഷുവിനെ ഉണ്ടാവട്ടെ മിക്ക ഏഷണാത്യാഗം ചെറു ചോദിക്കും അത് ഗൃഹസ്ഥനത് പറ്റത്തില്ല തീർച്ചയായും ഒരാളിന് ഏഷണാത്യാഗം സംഭവിച്ച അത് പറ്റും ഗൃഹസ്ഥനായിരിക്കുക ഏഷണാത്യാഗം സംഭവിക്കുക എളുപ്പമാണ് ഗൃഹസ്ഥനായിരുന്നു അയാളുടെ ഏഷണാത്യാഗം സംഭവിച്ച ഭിക്ഷുവൻ അങ്ങനെയുള്ള ഒരു ഭിക്ഷുവന് ശ്രുത്യർത്ഥം ധരിക്കാൻ പറ്റും ശ്രവണത്തിലൂടെ ആ അർത്ഥത്തെ മനനം ചെയ്യും അതിനുള്ള സാമൃഥ്യം മരണം അതിനാണ് ഇവിടെ ബാല്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു ശിശുവിന്റേതായ ബാഹ്യഭാവങ്ങളെ എന്ന് തന്നെ ഉദ്ദേശിക്കുന്നു മറിച്ച് ആന്തരികമായ എന്താണ് ആ ദമ്പദർപ്പഹങ്കാരാഹിത്യം അത് പറഞ്ഞു അപ്പോൾ ഒരാൾ സന്യാസമാർഗത്തിൽ വന്നു അയാൾക്ക് ശ്രമിക്കാൻ സമയം കിട്ടിയില്ല അയാൾ സമ്പത്തിനും അധികാരത്തിനുമൊക്കെ ആണെങ്കിൽ അയാളുടെ എങ്ങനെ ഈ ദമ്പദർപ്പത് ത്യാഗം എങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ അയാളിൽ നിന്നും അയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും മറ്റുള്ളവർ പ്രതീക്ഷിച്ചിട്ടു കാര്യമില്ല എങ്ങനെയാണോ ആ ഭിക്ഷുവിന്റെ മാർഗം ആ മാർഗത്തിനനുസരിച്ച് അയാളിൽ ഫലം കാണാം അപ്പൊ ശ്രവണത്തിന്റെ പ്രാധാന്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയും ഞാൻ പറയുന്ന കാര്യങ്ങളെ ശരിയായ അർത്ഥത്തിൽ തന്നെ മനസിലാക്കണം ഒന്നും തെറ്റായ രീതി മനസ്സിലാക്കണം ബാല്യം അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന എന്താണ് മൗനം ശരിയായ മൗനം മനനത്തിനും മൗനത്തിനാണ് പ്രാധാന്യം ശ്രവണവും മനനവും കഴിഞ്ഞ് ശരിയായ മനനാത്മിനി രണ്ടു രീതിയിലും പറയും മനനം ചെയ്യുന്നുകൊണ്ടും മുനിയെന്ന് പറയും മനനം ചെയ്യുന്നവനും അടുത്തു വരുന്ന മനനം മൗനമാകുന്ന മനനം അതിനും ഇവിടെ പറയുന്നു നീധ്യാസനം നീധ്യാസനത്തിനൂടെ കൊടുത്തിരിക്കുന്നത് എന്താണോ ജ്ഞാനാഭ്യാസം നീധ്യാസനത്തിന് പറഞ്ഞിരിക്കുന്നത് സനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിക്കുന്ന ധ്യാനം എന്നുള്ള രീതിയിൽ നീദ്യാസനത്തെ ധ്യാനമെന്നും പറയാം പക്ഷെ ഇവിടെ ഈ ശബ്ദത്തിലല്ല അതിന്റെ താല്പര്യത്തെയാ പറയും ഇങ്ങനെയെല്ലാം ഒരേ ശബ്ദം തന്നെ ഉപയോഗിക്കും ആരെങ്കിലും എന്താ നീതിഹാസനം എന്ന് പറഞ്ഞ ധ്യാനമല്ലേ എവിടെ പറഞ്ഞിരിക്കുന്നു ഏത് ഡിക്ഷണറി എഴുതിയിരിക്കുന്നു ചോദിക്കരുത് ധ്യാനമൊന്നും പറയാം പക്ഷെ ഇവിടെ അതുകൊണ്ടുദ്ദേശിക്കുന്നത് ജ്ഞാനാഭ്യാസം അതാണ് നമ്മൾ സമാധി പരിശീലിക്കുന്നതിനും വേണ്ടിയും മറ്റും ചെയ്യുന്ന ധ്യാനാഭ്യാസങ്ങളും അതിനെ ഇവിടെ നീതിഹാസനം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ അഭ്യാസം എന്ത് ജ്ഞാനം അഭ്യസിക്കാനോ ജ്ഞാനിയാകാൻ വേണ്ടിയുള്ള അഭ്യാസമൊക്കെ അതിനു മുമ്പെന്താ ജ്ഞാനത്തെ അഭ്യസിക്കാൻ പറഞ്ഞല്ലോ ശ്രവണം കൊണ്ടും മനനം കൊണ്ടും അവൻ പ്രകടമാകുന്ന ഞാൻ അവന് ശ്രവണം മനനങ്ങൾ കൊണ്ടും ജ്ഞാനും പ്രകടമായാൽ അത് പോരെ പിന്നെ എന്തിനാ ഇനിയൊരു ജ്ഞാനാഭ്യാസം പോരാ കാരണം ഇത് സ്വ അനുഭവത്തിൽ എത്തിച്ചാൽ അത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്തെല്ലാം ശ്രമിച്ചാലും മനനം ചെയ്താലും നമുക്ക് ഒരു പോരായ്മ അനുഭവപ്പെടുന്നു എന്തോ ഒരു കുറവ് ഒരു ന്യൂനത എന്തോന്നു കൈവന്നില്ല എന്നൊരു തോന്നൽ ഇനി എന്തോന്ന് ആർജിക്കണം കൈവരിക്കണം എന്നുള്ളൊരു തോന്നൽ ആ തോന്നൽ മാറണം ഒരു പോരായ്മ അനുഭവപ്പെടാതിരിക്കുന്നു കൃതകൃത്യത പൂർണത അനുഭവപ്പെടണം താൻ കൃതാർത്ഥനായി കൃതകൃത്യനായി എന്ന് സ്വയം ബോധ്യപ്പെടുന്നു തന്നെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചാൽ പോരാ ആരെങ്കിലും മുമ്പിൽ ശിഷ്യന്മാരുടെ മുമ്പിൽ ഭാവിച്ചിട്ടും പോരാ അതിനാണ് അനുഭൂതി എന്ന് പറയും അതിനു വേണ്ടി അത് കൈവന്നിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി ഇതുവരെ ആർജിച്ച അല്ലെങ്കിൽ ഇതുവരെന്താണോ തന്നിൽ പ്രകാശിച്ചത് അതിനെ ആവർത്തിക്കും അതാണ് ഞാൻ അഭ്യാസം അത് പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമല്ല നമ്മൾ സാറിന് ഇപ്പോൾ യോഗയൊക്കെ പഠിപ്പിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ ടെക്നിക്കുകളൊക്കെ പഠിപ്പിക്കും അതൊക്കെ തരത്തിൽ അതിനൊക്കെ ഉപയോഗമുള്ള കാര്യങ്ങളാണ് അത് മോശം തന്നെ ഞാൻ പറയുന്നത് അതാണിതെന്ന് ധരിച്ചുകളും ഇവിടെ പറയുന്ന ജ്ഞാനാഭ്യാസം ശ്രവണ മനനങ്ങളിലൂടെ പുരോഗമിക്കവന് സാധ്യമാകും ആ ഒരു മാർഗത്തെവിടെ വ്യക്തമായി പറയുകയാണ് എന്താണ് മൗനം ഇതാണ് സാധനം ഇതിനെ കുറിച്ചാണ് തുടങ്ങിയത് മുമ്പ് ഞാൻ പറഞ്ഞെന്താണ് നമ്മൾ ശരിയായ സാധനയിലേക്ക് വരണം ശരിയായ സാധന എന്ന് എന്തിനാ ഒരാൾ ചോദിച്ചത് എന്താ ഇതിൻ്റെയൊക്കെ പ്രയോജനം ഇവിടെ പ്രയോജനം പറയുന്നത് എന്താണ് ആണ് പ്രയോജനം ത്വരിയ സാക്ഷാത്കാരം അതിനെന്താ സാധന പാണ്ഡിത്യം ശ്രവണം മനണംഹാസം അതങ്ങനെ പറഞ്ഞ പോലെ ഇതിന് പാണ്ഡിത്യ ബാല്യ എന്ന് പറഞ്ഞ കാരണം ആ അതൊരു സാധനയെന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഈ വാക്കുകൾ ഭാഷകാരൻ ഉപയോഗിച്ചത് ശ്രുതി ഇങ്ങനെ വിശദീകരിച്ചിട്ടുള്ളത് സാധനാപരമായി അനുഗ്രഹിക്കാൻ വേണ്ടി ഒരേ കാര്യം തന്നെ ഒരേ ശബ്ദത്തിൽ ആവർത്തിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വിശേഷിച്ചൊരു അർത്ഥബോധം ഉണ്ടായില്ലെന്ന് അതുകൊണ്ട് ശബ്ദം മാറ്റിപ്പള്ള ഇതും ബുദ്ധിമുട്ടാണല്ലോ പ്രയാസമാണല്ലോ പ്രയാസമായിരിക്കാം പക്ഷെ ഒരാളൊരു ആധ്യാത്മിക മാർഗത്തിൽ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് കടന്നു വന്നിട്ടുള്ളത് ഴുതി വീഴുന്നവരുണ്ട് അങ്ങനെ വരുന്നവരുണ്ട് വണ്ടിയുടെ ബ്രേക്കും ബെല്ലുമൊക്കെ പോയി എവിടെയെങ്കിലും പോയി ഇടിച്ച് തെറിച്ച് വീഴുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഇതിൽ ചാടുന്നത് ആധ്യാത്മിക മാർഗം ഒരു ലക്ഷ്യബോധത്തോടു കൂടി വന്നിട്ടുള്ളവരാണെങ്കിൽ നിരാശയോടെ മരിക്കേണ്ടി വരരുത് അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അവസാനം ചാകുന്ന സമയത്ത് ഞാൻ പലതും നേടി എന്നാലും എന്തുദ്ദേശിച്ചാണോ വന്നത് അത് നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധത്തോടുകൂടി മരിക്കേണ്ടി വരരുത് ചിലപ്പോ സമാധാനിച്ചിട്ടായിരിക്കും ആ എന്തായാലും മോശം കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ കിട്ടിയല്ലോ അങ്ങനെ സമാധാനിച്ചിട്ടായിരിക്കും അതുകൊണ്ട് ഒരു മുൻവീതിയോട് തന്നെ ഞാൻ പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയും ഈ വഴി കൂടെ സഞ്ചരിച്ചേ പറ്റും ഈ സാധനയെ സ്വീകരിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത് പാണ്ഡിത്യ ബാല്യ മോനം അല്ലാതെ ഇവിടെ മറ്റെന്തൊക്കെ നേടിയിട്ടും കാര്യങ്ങളും ജീവന്റെ വാസന സ്വഭാവം അങ്ങനെയാണ് അവന് സ്വർഗത്തിൽ ചെന്നാലും ശരി നരകത്തിൽ ചെന്നാലും ശരി അവന്റെ ചുറ്റുപാടും കാണുന്നതിന് അവന് കാമ്യമായി തോന്നുന്ന എന്തോ അത് ആഗ്രഹം അത് വാസനയാണ് സ്വഭാവമാണ് മോക്ഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവനും അവന്റെ ചുറ്റും കാണുന്നത് സമ്പത്തും ഐശ്വര്യവും പദവിയും പ്രതാപൊക്കെ ആണെങ്കിൽ അവനും അത് ആഗ്രഹിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ മോക്ഷം മതിയെന്ന് കാര്യം മനുഷ്യന്റെ സ്വഭാവം അതാണ് അപ്പൊ ആ വഴിക്ക് സഞ്ചരിക്കുമ്പോഴോ ഈ പറയുന്ന യോഗ്യതകളൊന്നും കിട്ടാതെ എന്താണോ ഇവിടെ പറഞ്ഞ ദമ്പ ദർപ്പഹങ്കാര അതിരാഹിത്യം അത് സംഭവിക്കാതാവും ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്കിതെല്ലാ വഴിയുമില്ല ശ്രുതിയാണ് ഇതിനെ എന്നെ ബോധിപ്പിക്കുന്നത് ശ്രുതിവാക്യത്തെ തന്നെ ഭാഷകാരൻ പറയുകയാണ് സ്വന്തമായൊരു പദം പോലും കൂടെ പ്രയോഗിച്ചിട്ടില്ല പാണ്ഡിത്യ ബാല്യമോഹനം എന്ന് പറയുന്നത് അങ്ങനെ ഈ സാധനങ്ങളിൽ വന്ന് ഇതിനനുഭവത്തിലെത്തിക്കുക ആ അനുഭവത്തിലെത്തിക്കുന്നതിന് ഞാനഭ്യാസലക്ഷണം നിധിധ്യാസന ശബ്ദികം കർമ്മ അതാണ് മൗനം ആ പ്രവൃത്തി അതിന്റെ വ്യാഖ്യാപതി പറയുന്നതാണ് ഭാഷ അത് അനുഭവത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിദ്യാർത്ഥനം അനുഭവത്തിലെത്തിക്കാൻ വേണ്ടി ശ്രവണം പ്രധാനമായിട്ടും ആ തത്വബോധത്തിന് വേണ്ടി മനനം അതിൽ വരുന്ന ദോഷങ്ങളെല്ലാം പരിഹരിക്കുന്നുണ്ട് പരിഹരിച്ച് തത്വദാർഢ്യത്തിന് വേണ്ടി അതിന്റെ ദൃഢതയ്ക്ക് വേണ്ടി നിധ്യാസനം അനുഭൂതിക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ അഭ്യാസം തന്നെ ചെറിയ ജോലിക്കും അപ്പോ ഇനി നീദ്യാസനം എന്ന് പറയും ഇനി വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇത് ഒന്നിൻ്റെ തന്നെ ശ്രോണത്തിന്റെ പുരോഗതി തന്നെയാണ് മനൻ ആ മനനത്തിന്റെ പുരോഗതി തന്നെയാണ് നിതിഹാസം അതായത് തത്വത്തിൽ ദൃഢത വരുന്നുണ്ട് സംശയ വിപരീത ഭാവനകളെല്ലാം അകലുന്നുണ്ട് എന്നുവന്നാൽ നമ്മൾ ശ്രവണത്തിൽ നിന്നും മനനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാനിപ്പോൾ മനനം ചെയ്യുന്നുണ്ടോ ഇന്ത്യയിൽ നിന്ന് വേറെ ആളുടെ ചോദിക്കേണ്ട കാര്യമാണ് ആ തത്വബോധം ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ചിലവണം സംഭവിക്കുന്നുണ്ട് തന്നിൽ സംഭവിക്കുകയാണ് ജീവനില് സംഭവിക്കുകയാണ് വാസ്തവത്തിൽ താരം കൽപ്പിച്ചുകൊട്ടി ചെയ്യുന്നതുമാണ് ജീവനിൽ സ്വയം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏഷണാത്യാഗത്തോടു കൂടി ഭിക്ഷുവിന്റെ മാർഗത്തിൽ അവൻ പ്രവേശിക്കുമ്പോൾ ഇതൊക്കെ അവന് സഹജമായി സംഭവിക്കുന്നു അവന്റെ സാഹചര്യങ്ങൾ വരുന്നു നിമിത്തങ്ങൾ വരുന്നു സംഭവിക്കുന്നു തത്വദാർഢ്യം വരും മനനം അതോടൊപ്പം തന്നെ ഈ വാച്യാർത്ഥത്തിനുപരിയായി ശ്രവണബോധത്തിനുപരിയായി ഈ തത്വത്തിനും അവന് ശാന്തി സമാധാനം ആനന്ദം ഇതെല്ലാം അവന്റെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അവൻ ഇന്ത്യാസനത്തിലാണ് അത് അതിന്റെ ഫലമാണ് കാരണം ശാന്തിയും സമാധാനവും ആനന്ദൊക്കെ അവിടുന്നേ വരാൻ വഴിയോ ആത്മാവിൽ നിന്നേ വരാൻ വഴിയും അത് ശ്രവണത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരുവന് ബാഹ്യനിരപേക്ഷമായി ലൗകീയ വിഷയങ്ങളെ അപേക്ഷിക്കാതെ ഈ തത്വത്തിൽ നിന്ന് തന്നെ അവനൊക്കെ ആർജിക്കുന്നുണ്ടെങ്കിൽ തത്വശ്രവണ മനനങ്ങളിൽ നിന്നും അവനത് കരഗതമാകുന്നുണ്ടെങ്കിൽ അത് നിധ്യാസന ഫലമാണ് ആരോട് ചോദിക്കേണ്ട കാര്യം പാൽപ്പായസം കുടിച്ചാൽ മധുരിക്കും മധുരിക്കു മാത്രമല്ല സന്തോഷമുണ്ടു പിന്നെ അത് ആരോടും ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്തുകൊണ്ട് സന്തോഷമുണ്ടായി താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഇവിടെ എന്താണ് ബാഹ്യമായ സാധനങ്ങളൊന്നും ആശ്രയിക്കുന്നുണ്ട് അയാൾക്ക് ആന്തരികമായ ശാന്തിയും ആനന്ദവും അനുഭവിക്കാൻ അനുഭവിച്ചു തുടങ്ങുന്നുണ്ട് മറ്റൊന്നും പാൽപ്പായസം കുടിക്കുന്നുമല്ല തീർച്ചയായും അത് അല്ല ശ്രവണ മനന നീതിഹാസനങ്ങളുടെ ഫലമാണ് അപ്പൊ സംശയിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ളവർക്ക് സംശയം തോന്നുന്നില്ല അയാൾ ലക്ഷ്യത്തിനായി അടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ ലക്ഷ്യത്തെ പ്രാപിക്കുകയാണ് അതെ അടയാളമാണ് അത് പലതരത്തിൽ പല ശാസ്ത്രങ്ങളിലും ഇതിന് വർണ്ണിക്കുന്നുണ്ട് പലതരത്തിലുള്ള ആനന്ദത്തെക്കുറിച്ചും മറ്റുമൊക്കെ വർണ്ണിക്കുന്നുണ്ട് അപ്പൊ അതിനാണ് ഇവിടെ പറയുന്നത് ഇത് സാധനമാണോ ഇതാണ് മുഖ്യ സാധനം മറ്റ് സാധനങ്ങളോ ഒരാൾക്കെതിലേക്ക് കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് സാധനം ചെയ്യുന്ന അത് ശ്രേഷ്ഠമില്ല അത് അയാൾക്കിതിനുള്ള യോഗ്യതയെ കൊടുക്കും പക്ഷെ ഈ തുല്യ അധികമം ആണ് ഒരാൾ സാധിക്കേണ്ടതെങ്കിൽ അയാൾ ഇതിലൂടെ കടന്നു പോകണം ഈ പാണ്ഡിത്യ ബാല്യ മൗന ഇങ്ങളിലൂടെ കടന്നുപോകണം ഇത് ഒന്ന് എന്താണോ നമ്മൾ സാധാരണ പോസിറ്റീവ് നെഗറ്റീവൊന്നും പറയുന്നു ഒന്നതിന്റെ ഭാവാത്മകമായ ഇതാണ് ഇവിടെ പറയുന്നത് നമ്മൾ ചിലവണ മനണ സാധനങ്ങളിൽ സഞ്ചരിക്കുന്നു നീതിഹാസനം അനുഷ്ഠിക്കുന്നു ആ മാർഗത്തിൽ നിന്ന് നമുക്ക് ശാന്തിയും ആനന്ദമൊക്കെ ലഭിക്കുന്നു ആ മാർഗത്തെ ആശ്രയിച്ചിട്ട് അത്ര മറ്റൊന്നിനെ ആശ്രയിക്കാറ് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടോ അതിന്റെ ഒരു സുഖമോ അല്ലെങ്കിൽ കുറച്ച് കൈകാര്യം ചെയ്യുന്നതിന്റെ സുഖമോ അതൊന്നും ഭിക്ഷുവിന് കിട്ടുന്ന ആനന്ദം എല്ലാം തൃജിച്ചവന് കിട്ടുന്ന ആനന്ദം അത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിലവൻ പുരോഗമിക്കുന്നു എന്നാണ് ഈ മാർഗത്തിൽ തീർച്ചയായും ശ്രവണ മനനത്തിൽ ഒരാൾ ശ്രവണത്തിൽ ഏർപ്പെട്ടാൽ തന്നെ അയാൾക്ക് ഇതിന്റെ ഫലം അനുഭവപ്പെട്ടുകൊടണം ആത്മാനുഭവം ശ്രവണത്തിൽ തന്നെ ആയൊക്കെ അനുഭവപ്പെട്ടോളും അതിന്റെ ശാന്തിയും ആനന്ദവും ആക്കനുഭവപ്പെട്ടുകൊള്ളും അതിന്റെ സുഖവും അനുഭവപ്പെട്ടോളു പിന്നെ അത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്രിമമായി നഷ്ടപ്പെടുത്തുന്ന എങ്ങനെ നഷ്ടപ്പെടുത്തുന്നു വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോയി പിടിക്കും അപ്പോൾ ശ്രവണത്തിൽ നിന്ന് കിട്ടുന്ന സുഖത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണ് ഉള്ളിൽ രാഗദ്വേഷങ്ങളൊക്കെ ഇരിക്കും അതിന്റെ പാകം സംഭവിക്കുന്നില്ല അതുകൂടെ സംഭവിക്കുന്നതിനോടൊപ്പം അതാണ് അടുത്ത് പറയുന്നത് പാഖ്യാനി രാഗദ്വേഷ മോഹാദേവ് ദോഷാഹ കഷായഖ്യാനി പക്തവ്യാനി പച്ചിപ്പിക്കേണ്ടതായ ദോഷങ്ങൾ കൂടേണ്ടിയിരിക്കുന്നു എരിച്ചു കളയേണ്ട ദോഷങ്ങളെന്ന് പറയാം പത്തിച്ചു കളയേണ്ട ദോഷം അതാ അതിന്റെ അനുകൂലമായ സാഹചര്യത്തിൽ ു വിറക് എരിഞ്ഞ് ചാമ്പലാകണമെങ്കിൽ അഗ്നി തന്നെ പറ്റും അല്ലേ തടി അത് ഉണങ്ങണം വിറകാകണം അഗ്നി അത് ദഹിച്ചാലേ അത് ഭസ്മമാകും മറിച്ച് അമരത്തിന് വെള്ളവും വളവും ഒക്കെ ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് തഴച്ച് വളരും അപ്പം ഉള്ളിലിടിക്കുന്ന ഈ രാഗദ്വേഷമോഹങ്ങൾ ഇവിടെ പറയുന്നു ഇതൊക്കെ തഴച്ച് വളരുന്നതിനുള്ള മാർഗത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇതൊക്കെ തന്നെ വളരും അവിടെ പാകമുള്ളിൽ സംഭവിക്കത്തില്ല പാകമുള്ളിൽ സംഭവിക്കണമെങ്കിൽ അവൻ ഈ പറയുന്ന പാണ്ഡിത്യ ബാല്യ മൗന അവസ്ഥകളിലൂടെ ആന്തരികമായി കടന്നുപോയിക്കൊണ്ടിരിക്കണം അത് പചിപ്പിക്കണം എന്താണ് തനിയന്ന് പോകത്തില്ല അതിനെ ദഹിപ്പിച്ച് കളയണം എരിച്ചു കളയണം അപ്പോൾ അതിന് അതിനെ വളർത്തുന്ന സാഹചര്യങ്ങളിൽ അത് ദഹിപ്പിക്കാൻ പറ്റത്തില്ല സാഹചര്യം വളരെ മുഖ്യമായൊരു കാര്യമാണ് അതിനനുകൂലമായ കർമ്മരംഗങ്ങളിൽ തന്നെ നിൽക്കണം അതിനനുകൂലമായ സാഹചര്യങ്ങളിൽ തന്നെ നിൽക്കണം അതിന് ഗൃഹസ്ഥാശ്രമത്തിനും മറ്റും പ്രയാസവും അവിടെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ് കൂടുതലും അത് ഭിക്ഷുവിനെ സാധ്യമാകും ഭിക്ഷുവിന് അതിൻ്റെതായ രാഗദ്വേഷരഹിതമായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഭിക്ഷുവിനെ കിട്ടും അങ്ങനെയുള്ള സാഹചര്യം തന്നെ ഇതിന് വേണം ഈ ലോകത്തിലും ഇന്നത്തെ ലോകത്തിലും അതിനനുകൂലമായ സാഹചര്യങ്ങളിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചേ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ ആ രാഗദ്വേഷാതി നിമിത്തങ്ങൾ ഒഴിവാക്കി പ്രവർത്തിക്കുക അതോടൊപ്പം ഈ സാധനങ്ങൾ എന്താണ് പാണ്ഡിത്യ ബാല്യ മൗനങ്ങൾ സഹായിക്കും എന്താണ് ഈ രാഗദ്വേഷം മഹാദി ദോഷങ്ങൾ അതിന് പേരാണ് കഷായം അങ്ങനെ പേരുള്ള കഷായം എന്ന് പറയുന്നത് അത് മലിനമാക്കുന്നുണ്ട് അന്ധക്കരണത്തെ മലിനമാക്കുന്നുണ്ടാണു കഷായം അത് ഈ ശ്രവണ മലിന ഇതിഹാസങ്ങൾ ഫലം കൊടുക്കുന്നതിന് തടയുന്നതാണ് ഭക്തവ്യാനി പജിപ്പിച്ചേ പറ്റൂ അത് പജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റ് സാധനങ്ങളെല്ലാം ജപവും തപവും പ്രാർത്ഥനയെല്ലാം ഈ രാഗദ്വേഷാദികളെ പജിപ്പിക്കുന്നതിന് സഹായി ഈ ശ്രവണമന വിദ്യാസനങ്ങൾ അതും സഹായി ആപേക്ഷികമാണ് ആ ദോഷങ്ങൾ പജിക്കുന്നതിനനുസരിച്ച് ശ്രവണാദികളിൽ അയാൾ മുന്നേറും ശ്രോണാദികളിൽ മുന്നേറുന്നതനുസരിച്ച് ഈ ദോഷങ്ങൾ പലിശ കൊടുക്കണം ഈ ദോഷങ്ങളുടെ പാകമനുസരിച്ച് അയാൾക്ക് ആത്മാനുഭവം പ്രകടമാകും ആത്മാനുഭവം ആത്മശാന്തി ആത്മസുഖം അത് പ്രകടമാകുന്നതിനനുസരിച്ച് ഈ ദോഷങ്ങൾ ഒഴിഞ്ഞുപോകും ആവേശികമായി സംഭവിക്കും പക്ഷെ അത് അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു സാധനന്റെ മുഖ്യ ജോലിയാണ് മുഖ്യപ്രവൃത്തിയാണോ അപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ ആ സാധനകളുടെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ചും ഭക്ഷുക്കൾ സന്യാസമാർഗത്ത് സഞ്ചരിക്കുന്നവർക്ക് ഉള്ള ഇതിൻ്റെ ഈ സാധനയുടെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇതിലൂടെ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് അതും പജിപ്പിക്കുക അതും മുഖ്യമായൊരു ഉപായമാണ് സാധനയാണ് ഇവിടെ is there um sa is a is a on is here bill ai